ിട്ടില്ല ആകാശത്ത് തൃഷ്ണപ്രഭയുള്ള ഒരു നക്ഷത്രം മലയുടെ ശിഖരങ്ങളും വനനിരകളും ആകാശത്ത് തിഷ്ണപ്രഭയുള്ള ഒരു നക്ഷത്രം മലയുടെ ശിഖരങ്ങളും വനനിരകളും ആ നക്ഷത്രത്തെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്നു വനസീമയിലെ പുൽക്കുടി അങ്കനമാരുടെയും കുട്ടികളുടെയും ഇമ്പമാ സംഘഗാനത്തിന്റെ സംഗീത മാധുരിയിലൂടെ ഞാൻ നടന്നു ഞാൻ നമിച്ചു പോയി വനസീമയിലെ പൊയ്ക്കുടി അങ്കന യും കുട്ടികളുടെയും ഇമ്പമാനത്തിൻ്റെ സംഗീതമാധുരിയിലൂടെ ഞാൻ നടന്നു ഞാൻ നമിച്ചു ആഘാതത്തിൻ്റെ ഗാനം ആകാശത്തേക്ക് പോയി മഴ കഴിഞ്ഞമാനം കണ്ണഞ്ചും അന്തരീക്ഷം കത്തുന്ന സൂര്യൻ ഉഗ്രമായ സമ്മദത്തിൻ്റെ ആഘാതമേൽക്കുന്ന എന്റെ നിസ്സാരദ സ്വാതന്ത്ര്യത്തിനും ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞ കണ്ണഞ്ചും അന്തരീക്ഷം കത്തുന്ന സൂര്യൻ ഉഗ്രമായ ഉഷ്ണവടിച്ചും സമ്മർദ്ദത്തിൻ്റെ ആഘാതമിൽക്കുന്ന എന്റെ സ്വാതന്ത്ര്യത്തിനും ഞാൻ നന്ദി പറഞ്ഞു നുറഞ്ഞു തെളിഞ്ഞ പുഴ മലയുടെ താകര എനിക്കു നീതേ പുഴ മീനുകളേനിയവ തള്ളുന്നുട നിറഞ്ഞു തെളിഞ്ഞ പുഴ മലയുടെ താകര എനിക്കു നീതേ പുഴ മീനുകളെ മേണിയവ തള്ളൂ ൊഴു വരുന്നുവേ തൊലിച്ചുപോയി ഒരു ശരീരമൊഴു വരുന്നുവേ തൂടെ ും അതുപാറ കെട്ടിലൂടെ താഴെ തൊലിച്ചു പോയി സുന്ദരമൊരു വൈകുന്നേരം കൊന്ന മരച്ചു വെട്ടിലേക്കു നീഞ്ഞു നിന്നു ഞാൻ ഒരു മഞ്ഞപ്പൂവ് എന്നെ തൊടാതെ നില നല്ലൊരന്തരീക്ഷമെന്നും ആരോവരാൾ ഉച്ചത്തിൽ പറഞ്ഞു കൊണ്ടുപോകുന്നു ഇരുട്ട് നിലാവ് വന്നിട്ടില്ല ആകാശത്ത് തൃഷ്ണപ്രഭയുള്ള ഒരു നക്ഷത്രം ആ നക്ഷത്രത്തെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്നു അങ്കനമാരുടെയും കുട്ടികളുടെയും ഇമ്പമാനത്തിൻ്റെ സംഗീതമാധുരിയിലൂടെ ഞാൻ നടന്നു ഞാൻ ം ആകാശത്തേക്ക് പോയി മഴ കഴിഞ്ഞമാനം കണ്ണഞ്ചും അന്തരീക്ഷം കത്തുന്ന സൂര്യൻ ഉഗ്രമായ ഉഷ്ണവും വെടീച്ചവും സമ്മർദ്ദത്തിൻ്റെ ആഘാതമിൽക്കുന്ന എന്റെ സ്വാതന്ത്ര്യത്തിനും ഞാൻ നന്ദി പറഞ്ഞു നിറഞ്ഞു തെളിഞ്ഞ പുഴ മലയുടെ താഴെ എനിക്കു നീതേ പുഴ ശരീരമൊഴുകി വരുന്നു ഒരു വീർത്ത പട്ടി തിരമാലയിലൂടെ അതുപാറക്കെട്ടിലൂടെ താഴോട്ടൊലിച്ചു പോയി സുന്ദരമൊരു വൈകുന്നേരം കൊന്നമരച്ചുവട്ടിലേക്കു നീങ്ങി നിന്നു എന്നെ തൊടാതെ നിലത്തു വന്നു നല്ലൊരന്തരീക്ഷമെന്നും ആരോരാൾ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടുപോകുന്നു ഇരുട്ട് നിലവു വന്നിട്ടില്ല തീക്ഷണപ്രഭയുള്ള ഒരു നക്ഷത്രം മലയുടെ ശിഖരങ്ങളും ക്ഷത്രം മലയുടെ ശിഖരങ്ങളും വനനിരകളും ആ നക്ഷത്രത്തെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്നു